അന്ന് ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചതിൽ അമ്മൂന്യരും മോവാബ്യരും ദൈവത്തിന്റെ സഭയിൽ ഒരു നാളും അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രയേൽ മക്കളെ വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബലയാമിനെ കൂലിക്ക് വിളിച്ചു എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി എന്നെഴുതിയിരിക്കുന്നത് കണ്ടു ആ ന്യായ പ്രമാണം കേട്ടപ്പോൾ അവർ സമ്മിശ്ര ജാതികളെയൊക്കെയും ഇസ്രയേലിൽ നിന്ന് വേർപിരിച്ചു അതിനുമുമ്പേ തന്നെ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിലെ അറകൾക്ക് മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരുന്ന എല്യാശി പുരോഹിതൻ തോബിയാവിന്റെ ബന്ധുവായിരുന്നതിനാൽ അവന് ഒരു വലിയ അറ ഒരുക്കിക്കൊടുത്തിരുന്നു മുമ്പേ അവിടെ ഭോജനയാകം കുന്തിരിക്കം ഉപകരണങ്ങൾ എന്നിവയും ലിവ്യർക്കും സംഗീതക്കാർക്കും വാതിൽക്കാവൽക്കാർക്കും വേണ്ടി നിയമിച്ച ധാന്യം വീഞ്ഞ എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള ഉദർച്ച അർപ്പണങ്ങളും ഈ കാലത്തൊക്കെയും ഞാൻ എരുസലേമിൽ ഉണ്ടായിരുന്നില്ല ബാബേൽ രാജാവായ അർദ്ധദശ്രാവിന്റെ മുപ്പത്തിരണ്ടാം ആണ്ടിൽ ഞാൻ രാജാവിന്റെ അടുക്കൽ പോയിരുന്നു കുറെനാൾ കഴിഞ്ഞിട്ട് ഞാൻ രാജാവിനോട് അനുവാദം വാങ്ങി എരുശലേമിലേക്ക് വന്നാറെ എല്യാഷി തോപിയാവിന് ദേവാലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ഒരുക്കിക്കൊടുത്തതിനാൽ ചെയ്ത ദോഷം ഞാൻ അറിഞ്ഞു അതെനിക്ക് അത്യന്തം വ്യസനമായതുകൊണ്ട് ഞാൻ തോപിയാവിന്റെ വീട്ടുസാമാനമൊക്കെയും അറയിൽ നിന്ന് പുറത്ത് എറിഞ്ഞുകളഞ്ഞു പിന്നെ ഞാൻ കൽപ്പിച്ചിട്ട് അവർ ആ അരകളെ ശുദ്ധീകരിച്ചു ദേവാലയത്തിലെ ഉപകരണങ്ങളും ഭോജനയാകവും കുന്തിരിക്കവും ഞാൻ വീണ്ടും അവിടെ വരുത്തി ലേവ്യർക്ക് ഉപജീവനം കൊടുക്കായികയാൽ വേല ചെയ്യുന്ന ലേവ്യരും സംഗീതക്കാരും ഓരോരുത്തൻ താന്താന്റെ നിലത്തിലേക്ക് പൊയ്ക്കളഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ് പ്രമാണികളെ ശാസിച്ചു ദൈവാലയത്തെ ഉപേക്ഷിച്ചു കളഞ്ഞത് എന്തെന്ന് ചോദിച്ചു അവരെ കൂട്ടിവരുത്തി അവരുടെ സ്ഥാനത്ത് നിർത്തി പിന്നെ എല്ലാ യഹൂദന്മാരും ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ദശാംശം ഭണ്ണാരഗ്രഹങ്ങളിലേക്ക് കൊണ്ടുവന്നു ഞാൻ ശേലമ്യാ പുരോഹിതനെയും സാദോക് ശാസ്ത്രിയെയും ലേവ്യരിൽ പെതായാവേയും ഇവർക്ക് സഹായിയായിട്ട് മഥന്യാവിന്റെ മകനായ സക്കൂരിന്റെ മകൻ ഹാനാനേയും ഭണ്ണാരഗ്രഹങ്ങളുടെ മേൽവിചാരകന്മാരായി നിയമിച്ചു അവരെ വിശ്വസ്തരെന്ന് എണ്ണിയിരുന്നു തങ്ങളുടെ സഹോദരന്മാർക്ക് പങ്കിട്ടു കൊടുക്കുന്നതായിരുന്നു അവരുടെ ഉദ്യോഗം എന്റെ ദൈവമേ ഇത് എനിക്കായി ഓർക്കേണമേ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എന്റെ സൽപ്രവർത്തികളെ മായിച്ചു കളയരുതേ ആ കാലത്ത് യഹൂദയിൽ ചിലർ ശപത്തിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നതും കറ്റ കൊണ്ടുവരുന്നതും കഴുതപ്പുറത്ത് ചുമട് കയറ്റുന്നതും ശപത്തിൽ വീഞ്ഞ് മുന്തിരിപ്പഴം അത്തിപ്പഴം മുതലായ ചുമടെല്ലാം എരുശലേമിലേക്ക് ചുമന്നുകൊണ്ടുവരുന്നതും കണ്ടു അവർ ഭക്ഷണസാധനം വിൽക്കുന്ന ദിവസത്തിൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു സൂര്യരും അവിടെ പാർത്ത് പലചരക്കും കൊണ്ടുവന്ന് ശപത്തിൽ യഹൂദ്യർക്കും എരുശലേമിലും വിറ്റുപോന്നു അതുകൊണ്ട് ഞാൻ യഹൂദ ശ്രേഷ്ഠന്മാരെ ശാസിച്ചു നിങ്ങൾ ശപത്തുനാൾ ശുദ്ധമാക്കി ഇങ്ങനെ ദോഷം ചെയ്യുന്നതെന്ത് നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതിനാലല്ലയോ നമ്മുടെ ദൈവം നമ്മുടെ ഈ നഗരത്തിന്മേലും ഈ അനർത്ഥമൊക്കെയും വരുത്തിയിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ശവത്തിനെ അശുദ്ധമാക്കുന്നതിനാൽ ഇസ്രയേലിന്മേലുള്ള ക്രോധം വർദ്ധിപ്പിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു പിന്നെ ശവത്തിനു മുമ്പേ യരുഷലേം നഗരവാതിലുകളിൽ ഇരുട്ടായി തുടങ്ങുമ്പോൾ വാതിലുകൾ അടപ്പാനും ശബത്ത് കഴിയും വരെ അവ തുറക്കാതിരിപ്പാനും ഞാൻ കൽപ്പിച്ചു ശബത്ത് നാളിൽ ഒരു ചുമടും അകത്തുകടത്താതിരിക്കേണ്ടതിന് വാതിലുകൾക്കരികെ എന്റെ ആളുകളിൽ ചിലരെ നിർത്തി അതുകൊണ്ട് കച്ചവടക്കാരും പലചരക്ക് വിൽക്കുന്നവരും ഒന്നു രണ്ടു പ്രാവശ്യം എരുസലേമിന് പുറത്ത് രാപ്പാർത്തു ആകയാൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു നിങ്ങൾ മതിലിനരികെ രാപ്പാർക്കുന്നതെന്ത് നിങ്ങൾ ഇനിയും അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ പിടിക്കും എന്നവരോട് പറഞ്ഞു ആ കാലം മുതൽ അവർ ശബത്തിൽ വരാതെയിരുന്നു ലേവ്യരോട് ഞാൻ ശപത്തുനാളിനെ വിശുദ്ധീകരിക്കേണ്ടതിന് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും വന്ന് വാതിലുകളെ കാക്കുകയും ചെയ്യുവാൻ കൽപ്പിച്ചു എന്റെ ദൈവമേ ഇതും എനിക്കായി ഓർത്ത് നിന്റെ മഹാദയപ്രകാരം എന്നോട് കനിവ് തോന്നമേ ആ കാലത്ത് ഞാൻ അസ്തോദ്യരം അമ്മോന്യരും മോവാഭ്യരുമായ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു അവരുടെ മക്കൾ പാതി അസ്തോദ്യ ഭാഷ സംസാരിച്ചു അവർ അതത് ജാതിയുടെ ഭാഷയല്ലാതെ യഹൂദ്യഭാഷ സംസാരിപ്പാൻ അറിഞ്ഞില്ല അവരെ ഞാൻ ശാസിച്ച് ശപിച്ച് അവരിൽ ചിലരെ അടിച്ച് അവരുടെ തലമുടി പറിച്ചു നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കരുത് അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്കോ നിങ്ങൾക്കോ എടുക്കേ മരുത് എന്ന് ആജ്ഞാപിച്ച് അവരെക്കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചു ഇസ്രയേൽ രാജാവായ ശലോമോൻ ഇതിനാൽ പാപം ചെയ്തില്ലയോ അവനെ ഒരു രാജാവ് അനേകം ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല അവൻ തന്റെ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ ദൈവം അവനെ എല്ലാ ഇസ്രയേലിനും രാജാവാക്കി എങ്കിലും അവനെയും അന്യജാതിക്കാരിത്തികളായ ഭാര്യമാർ വശീകരിച്ച് പാപം ചെയ്യിച്ചുവല്ലോ നിങ്ങൾ അന്യജാതിക്കാരിത്തികളെ വിവാഹം കഴിക്കുന്നതിനാൽ നമ്മുടെ ദൈവത്തോട് ദ്രോഹിക്കേണ്ടതിന് ഈ വലിയ ദോഷമൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളെ സമ്മതിക്കുമോ എന്ന് പറഞ്ഞു യോയാദയുടെ പുത്രന്മാരിൽ മഹാപുരോഹിതനായ എല്യാശീബിന്റെ മകൻ ഓരോന്യനായ സൻവല്ലത്തിന്റെ മരുമകനായിരുന്നു അതുകൊണ്ട് ഞാനവനെ എന്റെ അടുക്കൽ നിന്ന് ഓടിച്ചു കളഞ്ഞു എന്റെ ദൈവമേ അവർ ലേവ്യരുടെയും നിയമത്തെയും മലിനമാക്കിയിരിക്കുന്നത് അവർക്ക് കണക്കിടേണമേ ഇങ്ങനെ ഞാൻ അന്യമായതൊക്കെയും നീക്കി അവരെ ശുദ്ധീകരിക്കുകയും പുരോഹിതന്മാർക്കും ലേവ്യർക്കും ഓരോരുത്തന് താന്താന്റെ വേലയിൽ ശുശ്രൂഷക്രമവും നിശ്ചിത സമയങ്ങൾക്ക് വിറക് വഴിപാടും ആദ്യഫലവും നിയമിക്കുകയും ചെയ്തു എന്റെ ദൈവമേ ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ